അള്ളാഹുസുബാനഹുവ ചായാല നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുവിൻ എന്നവരോട് പറയപ്പെട്ടാൽ സത്യനിഷേധികൾ വിശ്വാസികളോട് പറയും അള്ളാഹുസുബഹാനഹുവ ചായാല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭക്ഷണം നൽകുമായിരുന്ന നാം ഭക്ഷണം നൽകണമോ നിങ്ങൾ വ്യക്തമായ വഴിപിഴവിലല്ലാതെ മറ്റൊന്നിലുമല്ല